nasceu assim da roça bashi no sul espiritual do terreiro sabe que ele nasceu assim e senhora senhora senhora ചോഹരത്രമോദശ സക്ഷമേവാവതിഷന് സ്വച്ഛം ഗുരുമന്ത്യ ഉപാതത്തെ പക്ഷരഹിത സ്വാ സ്ഥിതമേ തിഷ്ടീരി തജ്യം ഉപേക്ഷിക്കും ഉപാ സീരി ക്ഷം പൊതുവെ നേയം എന്ന് പറഞ്ഞാൽ സന്യാസിയുടെ പക്ഷം ഉപേക്ഷിക്കും കേൾക്കുന്നു കേൾക്കുന്നു ഉപാധയ ഹേ ഉപേക്ഷിക്കുക ഉപാധയോ കവിനേ ഉപേക്ഷിക്കുക സന്യാസം ഉപാധ്യയെ സ്വീകരിക്കുക സന്യാസം അല്ലാത്തതുകൊണ്ട് ക്ഷവും അല്ലാത്ത ഗ്രാമത്തെ ഇതുവരെ പക്ഷം ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞ എന്താണ് സ്വാസ്ഥിതി സഹായ സ്വസ്വരൂപത്തിൽ സ്ഥിതി ആത്മസ്വരൂപത്തിൽ സ്ഥിതി എന്ന് പറഞ്ഞാൽ അപ്പം പ്രത്യേകിച്ചൊന്നും ഉപേക്ഷിക്കേണ്ട അപേക്ഷ പ്രത്യേകിച്ച് ഒന്ന് സമ്പാദിക്കേണ്ട ആവശ്യം ആത്മതൃപ്ത ആത്മതൃപ്തന്മാർ തന്നിൽ തന്നെ തൃപ്തരായിരിക്കുന്ന വാശിഷ്ടത്തിന് മുമ്പോട്ട് ചേർ സന്യാസം എന്ന് പറയുന്നതിന് എത്ര പ്രോത്സാഹിപ്പിക്കുന്നില്ല പലയിടത്തും നിരുത്സാഹപ്പെടുത്തുന്നുണ്ട് സന്യാസത്തിനായിട്ട് ഇറങ്ങിപ്പോകുന്നവരെയൊക്കെ പിന്തിരിപ്പിക്കുന്നു അതാവശ്യമില്ലാത്ത എന്നാൽ ചിലടത്ത് സന്യാസിമാരുടെ സന്യാസത്തിന്റെ വിശദീകരണങ്ങളുമുണ്ട് അതുമുണ്ട് പ്രത്യേകിച്ചിവിടെ പക്ഷധീകളും എന്ന് പറയുന്നതനുസരിച്ച് കാലദേശങ്ങൾക്കനുസരിച്ച് അവസ്ഥയ് അനുസരിച്ച് അത് ഒരു പ്രധാനപ്പെട്ട കാര്യം മനുഷ്യന്റെ അവസ്ഥയ് അനുസരിച്ച് എന്തായാലും ഏതാണോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതാണോ നല്ലത് അവിടെ രാമനെ ഉപദേശിക്കുന്നത് അത്തരത്തിലുള്ള ഒരു സന്യാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോ പ്രധാനമായിട്ടും പറയുന്നത് അറിവിന്റെ കാര്യം സ്വാത്മബോധം സ്വാത്മബോധത്തിൽ നിസ്സംഗമായി ചേരുക നമ്മുടെ പ്രത്യേകിച്ച് ഒരു ത്യാഗത്തിന്റെ ആവശ്യത്തിൽ ത്യജിക്കുന്ന പ്രവൃത്തികളെല്ലാം അപ്പോൾ പ്രവൃത്തികൾ തുടരുക എന്നെ ത്യജിക്കേണ്ടത് ജാഗദ്വേഷാദികളാണ് ദുഷ്പ്രവൃത്തികളാണ് അതിനെ ത്യജിക്കുക അപ്പം അതെല്ലാവരും ചെയ്യേണ്ടത് സന്യാസിന്നും അന്നെന്നും അങ്ങനെയൊരു നിയമവിരുദ്ധമായ പ്രവൃത്തികളെല്ലാം അവർ വളർത്തുക പണ്ട് പറയുന്നു ധർമ്മ വിരുദ്ധമായതുപോലെ ഇന്ന് നിയമവിരുദ്ധമുണ്ട് അതിൻ്റെ ധർമ്മവിരുദ്ധമെന്ന് പറഞ്ഞാൽ ആ താങ്ക് മനസ്സിലാവും ഇന്ന നിയമവിരുദ്ധമെന്ന് പറഞ്ഞാല് നിയമവിരുദ്ധമെന്നാണ് മനസ്സിലാക്കുക അപ്പോ ഇവിടത്തെ നിയമമാണ് ഇവിടത്തെ ധർമ്മം ഇല്ല പഴയ ധർമ്മമാണ് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ഉപേക്ഷിക്കുക നിയമം വിശ്വാസിക്കുന്ന പ്രവർത്തിക്കുക അത് സമൂഹത്തിലെ ധർമ്മം സമൂഹത്തിൽ സാമൂഹികമായി ചെയ്യേണ്ടതാണ് പിന്നെ എൻ്റെ വ്യക്തി ശുദ്ധിക്ക് വേണ്ടി എല്ലാവരും അനുഷ്ഠിക്കേണ്ടവർക്ക് അവന്റെ ആന്തരികമായി ശുദ്ധിക്ക് വേണ്ടി അഹങ്കാരം നിലനിർപ്പം കഴിഞ്ഞ ദിവസം അതൊക്കെ ഉപേക്ഷിച്ച് എല്ലാവർക്കും വേണ്ടത് സന്യാസിയും ഗ്രഹസ്ഥനും അങ്ങനെയൊക്കെ അപ്പോൾ ഇത് എന്ത് സ്വീകരിക്കേണ്ട കാര്യങ്ങളാണ് പണ്ട് ഒരു വേണ്ടിയിൽ നിന്നാണ് അതിൽ സന്യാസം എന്ന് പറയുന്നത് പഴയ കാലത്ത് പ്രകരിക്കുന്ന രീതിയിൽ നോക്കിയതിരിക്കുന്നത് വിശേഷി പ്രയോജനം എന്ന് വിശേഷിച്ച അർത്ഥം പഴയ രീതിയിൽ പറയുന്നു പുതിയ വ്യാഖ്യാനങ്ങൾ സന്യാസം എന്ന് പണ്ട് പറഞ്ഞിരിക്കുന്നത് തൊഴിലുപേക്ഷിക്കുക തൊഴിൽ വേണ്ടെന്ന് വെക്കുന്നതാണ് സന്യാസം ഇന്നത്തെ മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അൺഎംപ്ലോയ്മെന്റ് അങ്ങനെ ഏറ്റവും വലിയ പ്രശ്നം ഇന്നത്തെ തൊഴിൽ ഉപേക്ഷിക്കുക എന്നാണ് സന്യാസം എന്ന് പറഞ്ഞ് മനുഷ്യനും അവരുടെ വിദ്യാഭ്യാസ യോഗ്യതക്ക് അനുസരിച്ചുള്ള തൊഴിൽ അത് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ് വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള തൊഴിൽ വെട്ടാൻ വലിയ പ്രയാസം ആണ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ തൊഴിലായിരിക്കും എഞ്ചിനീയറിംഗ് പാസ്സായാലൊക്കെ ബോംബെയിലും കൊൽക്കട്ടയിലും മഹാനഗരങ്ങളിലെല്ലാം ഫുഡ് ഡെലിവറി ചെയ്താണ് ജീവിക്കുന്നത് ആ തോട്ടല്ല അവർ പഠിച്ചത് ഭക്ഷണം സൊമാറ്റോയുടെ ഭക്ഷണം ഇല്ലെങ്കിലും ജീവിക്കുന്നതെന്നും മാറ്റം കാണാം വലിയ വലിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ ഇപ്പൊ സാങ്കേതികവിദ്യയിൽ പോലും ഉയരുന്ന യോഗ്യതയുള്ളവർ മറ്റ് സബ്ജക്ടുകൾ പോലെ അവർക്കിങ്ങനെയുള്ള അവരുടെ യോഗ്യതക്ക് യാതൊരു മൂല്യമില്ലാത്ത നിസ്സാരമായ നിസ്സാരമായ ശമ്പളത്തിന് വേണ്ടി ചെയ്തു ജീവിക്കേണ്ടി വരുന്ന തൊഴിലില്ലായ്മ ഈ സന്യാസം എന്ന് പറയുന്നത് എങ്ങനെ ഇവിടെ കൊണ്ട് യോജിക്കും നമുക്ക് സന്യസിക്കുന്ന തൊഴിൽ വേണം തൊഴിലാകത്തില്ല സന്യസിക്കുന്നു ഇപ്പൊ തൊഴിലില്ലായ്മയാണ് സന്യാസം എന്താ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തൊന്നും ഈ തൊഴിലില്ലായ്മ പ്രശ്നം ഇപ്പൊ തൊഴിലില്ലായ്മ സന്യാസം അപ്പൊ തൊഴിൽ ചെയ്യാനുള്ള യോഗ്യതയുണ്ട് തൊഴിൽ ചെയ്യേണ്ട അവസ്ഥയുമാണ് തൊഴിൽ ചെയ്യുന്നതിനുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ അവൻ തൊഴിലേക്ക് ജീവിക്കണം അവിടെ സന്യാസാണ് വേണ്ടത് എന്നുവെച്ചാൽ തൊഴിൽ ചെയ്യാതെ ജീവിക്കുന്ന അപ്പൊ തൊഴിൽ ചെയ്യരുത് എന്ന് കൊണ്ട് പറഞ്ഞ സന്യാസത്തിൽ നിന്ന് യാതൊരു ഇന്നത്തെ കാലം ഞാൻ പറയുകയുള്ളൂ അവിടെ കൊസവത്തെ എഴുതി വെച്ച് തത്തമ്മാ പൂച്ച പൂച്ച തൊഴിൽ ചെയ്യാത്ത സന്യാസം എന്ന് പറയുന്നത് പരമാവധം പിന്നെ മടിയന്മാര് ചിലപ്പം സന്യാസങ്ങളുടെ പേരിൽ തൊഴിൽ ചെയ്യാറായി കഴിയും അത് നമുക്കൊന്നും പറയാനില്ല അവരുടെ മടിയാണ് അവരുടെ ജീവിന്റെ പ്രശ്നവും അല്ലാതെ സന്യാസം എന്ന് പറയുന്ന ആദർശവും തൊഴിൽ ചെയ്യാതിരിക്കുന്നതുമായിട്ട് ഇന്ന് ഒരു ബന്ധം അവിടെ അവസ്ഥയെ കൂടെ കണക്കാക്കും അവസ്ഥ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം കുറെ കൂടുതൽ പറ്റി പ്രായങ്ങൾ ഞങ്ങളെ പോലെയുള്ളവരാണ് ഞങ്ങളൊക്കെ ഇനി തൊഴിൽ ചെയ്യാതിരിക്കേണ്ടവരാണ് തൊഴിൽ ചെയ്യാതെ കാരണം ഇത്രയും വർഷം പണിയെടുത്തിട്ടില്ലേ ഞങ്ങളൊക്കെ ശരിക്കും സന്യാസത്തിൽ പോകേണ്ടവരാണ് പക്ഷെ തൊഴിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഭക്ഷണം തരില്ല അതുകൊണ്ട് ഞങ്ങൾ തൊഴിൽ ചെയ്യുന്നു എന്നുള്ളതുള്ളൂ കാരണം എങ്കിലും തൊഴിൽ ചെയ്യുന്നവർക്ക് ഭക്ഷണം അപ്പം തൊഴിൽ ചെയ്ത എന്ന് പറയുന്നതൊരവസ്ഥ മനുഷ്യന്റെ ഒരവസ്ഥ ആരോഗ്യമുള്ള ഒരവസ്ഥ അത് അവൻ ചെയ്യേണ്ടതുന്നെയാണ് അവിടെ തൊഴിൽ ഉപേക്ഷിക്കുന്ന സന്യാസവും മൂലത്തെ പറയുന്നത് കുറച്ച് അസംബന്ധമാണ് നിങ്ങൾ കുറച്ച് വേദാന്തമൊക്കെ പഠിച്ച് ഈ സ്വപ്നമാണ് മണ്ണാങ്കട്ടയൊക്കെ അവരുടെ ഇവിടെയൊക്കെ കറങ്ങി നടന്ന അതൊക്കെ അസംബന്ധമാണ് ഇന്നത്തെ കാലത്ത് ഞാൻ പറയണം ഒരു കാലത്ത് അതിനൊക്കെ കുറച്ച് കലയുണ്ട് പിന്നെ ഇതുപോലെ പ്രായം കൊണ്ടൊരവസ്ഥയൊക്കെ പ്രാപിച്ചാൽ തൊഴിൽ ചെയ്യുന്നതിനുള്ള സാമർഥ്യം ശേഷികൾ അപ്പോ അങ്ങനെയുള്ള തൊഴിലുകൾ സാമർഥ്യ വിശേഷികൾക്ക് ആവശ്യമുള്ള തൊഴിലുകൾ ഉപേക്ഷിക്കുക എന്നാലും ചെയ്യാൻ പറ്റത്തുള്ള അതാണ് ഇന്നത്തെ ഇന്നും എന്താണ് ഇവിടുത്തെ സഹകരണങ്ങളൊക്കെ അവർക്ക് പറ്റിയ തൊഴിൽ അവരുകൂടെ ചെയ്യുകയായിരിക്കും അന്ന് തൊഴിലാവശ്യമാണ് തൊഴിൽ ചെയ്തുകൊണ്ടിരുന്നു പ്രത്യേകിച്ച് അല്ല തൊഴിലില്ലാതെ ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത് സംബന്ധമാണ് നമ്മൾ ആദർശം പറയുമ്പോൾ ഞാൻ എന്താണ് തൊഴിലിന്റെ ത്യാഗത്തെ കുറിച്ചൊക്കെ പറയും അത് പുസ്തകത്തെഴുതി വെച്ചിരിക്കുന്നവയാണ് ഞാൻ ഇന്നത്തെ കാര്യം പറയാം ഇന്ന് സന്യാസം എന്ന് പറയുന്നത് എന്താണ് മനുഷ്യർക്ക് എന്തെങ്കിലും തൊഴിൽ ജീവിക്കുന്നതാണ് സെന്റൻസ് അല്ല തൊഴിലില്ലാതെ എവിടെ ഇത് കറങ്ങി കിടക്കുകയും മറ്റുള്ള മനുഷ്യരുടെ ഔദാര്യം കൊണ്ടും മറ്റുള്ളവരുടെ മനുഷ്യരുടെ മനുഷ്യരുടെ ചെലവിൽ പിന്നെ തൊഴിൽ എന്ത് തൊഴിൽ ചെയ്യണം എന്നൊരു ചോദ്യം ഒന്ന് ഏറ്റവും പ്രഥമ പരിക്കേറ്റ കൊടുക്കലിലെങ്ങനെയാണ് എന്ത് തൊഴിൽ യോഗ്യതയ്ക്കനുസരിച്ചുള്ള തണുപ്പ് ചെയ്യേണ്ടത് കാരണം നമ്മൾ വിദ്യാഭ്യാസ ഉയരുന്ന വിദ്യാഭ്യാസമൊക്കെ നേടുന്നു ഇത് സമൂഹത്തിന്റെ ചെലവിൽ വലിയൊരു മതി സ്വന്തം ചിലവുകൊണ്ട് നമ്മൾ സമൂഹത്തിന്റെ ചെലവിലാണ് ദിനങ്ങളുടെ നികുതിക്കണം കൊണ്ടാണ് നമ്മൾ വിദ്യാഭ്യാസം അങ്ങനെ വിദ്യാഭ്യാസം ചെയ്തൊരു തൊഴിൽ നേടുന്നതിനുള്ള യോഗ്യത എന്തെങ്കിലും കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു കടപ്പാടുണ്ട് ആ തൊഴിൽ ചെയ്യാൻ ഏത് തൊഴിലാണോ നമ്മൾ വെയിലേക്ക് അത് ചെയ്യണം പക്ഷെ അതിനവസരം കിട്ടിയില്ലെങ്കിൽ തൊഴിലവസരം ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യിക്കാം അത് അൺഎംപ്ലോയിമെന്റിന്റെ എന്തെങ്കിലും തൊഴിൽ ജീവി ജീവിക്കുക സന്യാസം എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറച്ചുപേര് സന്യാസം എന്ന് പറഞ്ഞാൽ അർത്ഥം കുറെ ആൾക്കാർ കൂടിച്ചേർന്ന് എന്താണ് അവർ ഓരോട്ട തൊഴിലാളി ചെയ്ത് ജീവിക്കും അത്രയുള്ളൂ സന്യാസത്തിൽ നിന്നാണ് ഒരു കുടുംബ ജീവിതം നയിക്കുന്നില്ല എന്നുള്ളൊരു പ്രത്യേകതയോടെ ഇന്നത്തെ സന്യാസത്തിന് അങ്ങനെ അർത്ഥം പിന്നെ കുറച്ചുപേര് എന്താണ് ഇങ്ങനെ പ്രത്യേകിച്ചതുകൊണ്ടൊന്നും ചെയ്യാതെ ഇങ്ങനെ സന്യാസം എന്നൊക്കെ പറഞ്ഞ് വണ്ടി വേഷമൊക്കെ കെട്ടി ജീവിക്കുന്നതിൽ അത് ഒന്നുകിൽ അവരുടെ വ്യക്തിപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളായി അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും മിഥ്യാധാരണങ്ങളായി ഭ്രമധാരണ അല്ലെങ്കിൽ മനുഷ്യൻ പണിയെടുത്ത് ജീവിക്കണിപ്പോൾ അതിനുള്ള ആരോഗ്യവും ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യങ്ങളും മനുഷ്യൻ പണിയെടുക്കുന്നില്ല കുടുംബമായി ജീവിക്കുന്നില്ല എന്നുള്ളത് അവന്റെ തെരഞ്ഞെടുപ്പാണ് അതാണ് ഇന്നത്തെ സന്യാസം അവിടെ പിന്നെ സന്യാസം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പണിയെടുക്കാത്ത ഒരുപാട് പേരുണ്ടല്ലോ അപ്പോൾ നിന്നും അല്ലെങ്കിൽ മറ്റു പണിയേറി ജീവിക്കുന്നവരുണ്ടല്ലോ കുടുംബമില്ലാതെ പണിയേറി ജീവിക്കുന്നു മനുഷ്യൻ അതിനൊന്നും ഈ സന്യാസത്തിനെന്താ അപ്രത്യേകത അപ്രത്യേകത എന്ന് പറയുന്ന ഒരു ആത്മീയതയായിരുന്നു ജീവിതത്തിൽ ജീവിതത്തിൽ വരുന്ന ആത്മീയത എന്താണ് ജീവിതത്തിൽ ആത്മീയത എന്ന് പറയുന്നത് ഇവിടെ മുമ്പോട്ട് ഇരിക്കുമ്പോഴത്തേ ശരി പ്രധാനമായൊരു ആത്മീയതയാണ് അതിന് മുമ്പുള്ള കാര്യം ഇവിടെ പറയുന്നത് എന്താണ് ആത്മീയത എന്ന് പറഞ്ഞാൽ ഒരു സമൂഹം ഒരു കൂട്ടായാലും വലുതായാലും ചെറുതായാലും ശേഷം അതിനകത്ത് മനുഷ്യനും മത്സര ബുദ്ധി ഉപേക്ഷിച്ചിട്ട് സഹകരിച്ച് ജീവിക്കുന്നതാണ് അത് മത്സരബുദ്ധി ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ തനിക്കും മറ്റുള്ളവർക്ക് പ്രശ്നമാണ് സ്വസ്ഥതയെ നശിപ്പിക്കുന്നതാണ് ശാന്തിയും നശിപ്പിക്കുന്ന അപ്പോ ഹങ്കാരം ഇതെല്ലാം കൊണ്ടാണ് മത്സര ബുദ്ധി അപ്പോ അഹങ്കാരം പാടില്ല എനിക്ക് അഹമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മത്സര്യം ഉണ്ടെങ്കിൽ അഹങ്കാരം കൊണ്ട് തന്നെയാണ് അങ്ങനെ അതിനാണ് അഹങ്കാരമെന്ന് പറയാം അപ്പോൾ പരസ്പരമുള്ള മത്സര്യ ബുദ്ധി ഇല്ലാതെ മനുഷ്യനെ സഹകരിച്ച് ജീവിച്ചാൽ അവിടെ ആത്മീയ അല്ലെങ്കിൽ അവന് പ്രാർത്ഥിക്കുന്നു ജവിക്കുന്നു യോഗാഭ്യാസം ചെയ്യുന്നു ഇതൊന്നും ആത്മീയതയില്ല ഓരോ പ്രസർത്തുകൾ അഭ്യാസങ്ങൾ എന്നുള്ള അവിടെയൊന്നും ആത്മീയതയിൽ ആത്മീയത എന്ന് പറയുന്നതാണ് മനുഷ്യർ മത്സര്യമില്ലാത്ത സഹകരണങ്ങളും എന്തുകൊണ്ട് ബാക്കിയുള്ളതൊന്നും ആത്മീയതയല്ല ബാക്കിയുള്ളതൊന്നും മനുഷ്യർ സമാധാനം കൊടുക്കില്ല ഒരു സമൂഹത്തിൽ സമാധാനം കിട്ടത്തില്ല സമൂഹം വിട്ട് ഒരു സമൂഹത്തിനും മനുഷ്യന് സമാധാനം കിട്ടണം അങ്ങനെ മാത്സര്യ ബുദ്ധിയില്ലാതെ പരസ്പര പൈറ്റിയാകും അവിടെ ബാക്കി ബാക്കിയുമായി നിങ്ങൾ ജപിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നത് അതിന് കഴമ്പറ്റീവകാലം മുഴുവൻ പ്രാർത്ഥിക്കുകയും ജപിക്കുക ചെയ്യുന്നവരും ഒരു പ്രായം ചുമ്പോൾ നിരാശയിലും മനുഷ്യൻ മരിക്കുന്നു എന്തുകൊണ്ടാണ് അവിടുത്തെ ആത്മശാന്തി കിട്ടുന്നത് ആത്മശാന്തി എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് നേടാൻ പറ്റും ഒരു സമൂഹത്തിലെ അത് നേടാൻ പറ്റും അപ്പോൾ പരസ്പര മത്സരം ഇല്ലാതെ മനുഷ്യൻ ജീവിക്കുന്നതാണ് ആത്മീയത അവിടെ ഒരുമിച്ച് കൂട്ടായ്മ വീണ്ടെടുക്കുന്നതാണ് ആത്മശാന്തി ഒരാക്കപ്പെട്ടത് ആത്മശാന്തി അത് ആത്മീയത കുടുംബമില്ലാതെ ജീവിതത്തിൽ സന്യാസം അതിന്റെ ഭാഗമാണ് തൊഴിൽ അപ്പൊ മറ്റേതൊരു പ്രൊഫഷനെയും പോലെ ഇന്നൊരു പ്രൊഫഷൻ തൊഴിലാണ് സന്യാസ് അല്ലാതെ തൊഴിലുപേക്ഷിക്കുന്നതാണ് അങ്ങനെയാണ് സന്യാസം പിന്നെ തൊഴിലുപേക്ഷിക്കുന്ന ഇവിടെ തൊഴിൽ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വരുമ്പോൾ പ്രായാധിപറ്റ ചെല്ലുമ്പോൾ മനുഷ്യന് തൊഴിലുപേക്ഷിച്ചിട്ടുണ്ട് അങ്ങനെ വരുമ്പം ഉത്തരവാദിത്വങ്ങൾ ഉപേക്ഷിക്കുകയാണ് കോഴി അടയിരുതെന്ന് പോലെ വീണ്ടും അള്ളിപിടിച്ചിരിക്കാനും പാടില്ല അധികാരങ്ങളിലും അവിടെ അത് എന്താണ് ബുദ്ധിപൂർവ്വം ജീവിക്കുന്നവരങ്ങനെയും കാരണം എല്ലാ കാലത്തും സന്തോഷങ്ങളും അലച്ചിൽ നിന്ന് ജീവിക്കാൻ ആഗ്രഹിക്കാത്ത മനുഷ്യരാണ് അവരൊക്കെ അതിന് സന്തോഷം തോന്നുന്നവരുണ്ട് അല്ലാത്ത മനുഷ്യരല്ലേ ഒരു പ്രായോഗി ചേരുമ്പോൾ കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചു അവർക്ക് പറ്റിയ ചെറിയ കാര്യങ്ങളെല്ലാം ചെയ്ത് ജീവിക്കാൻ കഴിച്ചു അതാണ് ശരിക്കുള്ള ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു രക്തൻ ഡേട്ട കുളിയുടെ എഴുപത്തി വയസ്സിൽ കൂടി ചെയർമാൻഷിപ്പിന്റെ ആഗ്രഹിച്ചു എഴുപത്തിയഞ്ച് വയസ്സെടുത്തു പത്രക്കാരെ ചെയ്യണം താല്പര്യം ആദ്യം വെച്ചു ഇപ്പോഴും ആരെങ്കിലും ഉണ്ടല്ലോ പ്രവർത്തിക്കാൻ ചില വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു പേരെന്ത്യ ഏറ്റെടുത്തു ജബ്ബാർ ഏറ്റെടുത്തു വലിയ തേലക്കെണ്ണി ഏറ്റെടുത്ത എല്ലാം ഇന്ത്യ ചെയ്തു അപ്പൊ ബിസിനസ് വളരെ വലുതാണ് ഇത്രയും ബിസിനസ് ലോകം കൊണ്ട് വ്യാപിപ്പിച്ചിട്ട് എഴുപത്തിയഞ്ചാമത്തെ വയസ്സിലാണ് റിട്ടയർ വലിയൊരു ചോദിച്ചുണ്ടാക്കി വർക്ക് ഐ ആ ഫുള്ളി സാറ്റിസ്ഫൈഡ് എന്റെ ജീവിതത്തിൽ ഞാൻ പൂർണ്ണ തൃപ്തി അനുഭവിക്കും വലിയ വേദാന്തവാ ഇല്ലാതെ മനുഷ്യരെന്ന് ജീവിതത്തിൽ തൃപ്തി അനുഭവിക്കും അതിനെ ഉപേക്ഷിച്ച് ഒന്നും ചെയ്യാതിരുന്നില്ല ഒഴിവായോ മൊണ്ട് ഉത്തരഭാഗത്തു ഇത്തരത്തിൽ വേറെ ആളെ അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത് വേറെ അതൊക്കെ അദ്ദേഹം തന്നെ പ്രതികരിച്ചു എന്നാൽ മനുഷ്യനോട് എനിക്ക് അങ്ങനത്തെ ബഹുമാനത്തിൽ ഇത്രയും ഏറ്റെടുക്കലുകളൊക്കെ അദ്ദേഹത്തിന് ഇത്രയും വലിയ പ്രവൃത്തികൾ ഇന്നത്തെ കാലത്ത് എഴുപത്തിയഞ്ചാമത്തെ വയസ്സിലൊക്കെ വലിയ വലിയ സ്ഥാനങ്ങളിലൊക്കെ അത് തുടരാൻ വീട്ടിൽ ഒരുപാട് കി ആർ വർക്കുകളൊക്കെയാണ് ചെയ്യുന്നത് പബ്ലിക് ഒപ്പീനിയന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തകർ കി ആർ വർക്കറാന്ന് പറയുന്നത് എൻ്റെ ടീമിനെ ഉണ്ടാക്കിയിട്ട് ഭരണാധികാരി രാഷ്ട്രീയ നേതാക്കന്മാരും മത നേതാക്കന്മാരും ആക്കുകയും ചെയ്തു ഒരു പോസിറ്റീവ് ഇമേജ് ഞങ്ങളിവിടെ ഇരുന്നാലും ഇത് ശരിയാവത്തുള്ളൂ വേറെ ഒരുപാട് പേര് കഴിവുള്ളവരുത് പുറത്ത് പക്ഷെ ഒരു നേതാവ് ഈ പി ആർ വർക്കിലൂടെ ജനങ്ങളെ ബോധിപ്പിക്കുകയാണ് ഞാനിരുന്നാലേ ഇത് ശരിയാകും രാജ്യം ഭരിക്കാൻ പറ്റും ആദ്യം ഞാൻ പറയും ഞങ്ങൾ ചുറ്റുപാട് നോക്കിയാൽ മനസ്സിലാണ് കഴിവുള്ള പേരാരും ഇല്ല ഇത് പക്ഷെ ജനങ്ങളുടെ മനസ്സിലത് ഈ ആള് ഇത്രയും വയസ്സായാലും ഇയാളിൽ നിന്ന് ശരിയാവുക അതാണ് കേരളം ഇടത്ത കാലത്തിൽ പോപ്പ് മരിച്ചത് അപ്പോ ഇദ്ദേഹം വെന്റിലേറ്ററിൽ കുറേ ദിവസം നന്നത്തോടെ അടുത്ത് മരിക്കുന്നതായി പലവിധ അവിടുത്തെ ഡോക്ടർമാരുടെ അശ്രാന്ത പരിശ്രമവും കൊണ്ട് രക്ഷപ്പെടുത്തി തിരിച്ചു കൊണ്ട് ഈ അസുഖമായൊക്കെ ഈ ആശുപത്രികളിൽ കിടക്കുക ബോധമില്ലാതെ ഇങ്ങനെയൊക്കെ വസ്തുവൊന്നു ഈ ഭരണം നടത്തുന്നതിനോ അവിടെ ഉത്തരവാദിത്വമുള്ള ജോലിയാണ് ചെറുക്കൂടുന്ന ജോലിയൊരു പ്രസ്ഥാനം ആരായിരിക്കും ചെയ്യുന്നു മറ്റാൾക്കാരാ ചെയ്യുന്നത് दिवर्चें चीज़ा दिवर्चें चीज़ा ना। दे दे ए, ും തിരിച്ചു ഒരു ദിവസമായി കുറിച്ചു കൊടുത്തു മരിച്ചു എൺപത്തി എട്ടാമത്തെ ഇങ്ങനെ അതിനൊന്നും എന്റെ അവസരങ്ങ യാത്രകളൊക്കെ കുറച്ച് ഇത്രയൊക്കെ ആയി കഴിഞ്ഞാല് വലിയ ആത്മീയതയുള്ളവരെ ഞാൻ രണ്ടുരെയൊക്കെ താരങ്ങൾ നോക്കും ബിസിനസ്സുകാരനെ ആത്മീയതായ സ്വന്തം സ്ഥാനം റിസൈവ് ചെയ്യാൻ വേണ്ടി ഒരിക്കലും തയ്യാറായിട്ടില്ല അത് വേണ്ടെന്ന് വനുയായികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇദ്ദേഹം തന്നെ ഇരുന്ന് എന്തുകൊണ്ട് അവിടെ ഒരു കർദ്ദനാളുണ്ട് ഞണ്ട് ഒരു വലിയ ഒരു പി ആർ ടീമാണ് അവര് സമൂഹത്തിനങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കിയുദ്ദേഹം ഇരുന്നാലും ചെയ്യും ഇദ്ദേഹം ഇരുന്ന് എന്ത് എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പറ്റും എന്നാൽ സ്ഥാനം വിടാൻ ആത്മീയത കൊടുക്കുന്നത് ഈ പറയുന്ന രത്തൻ ടാറ്റയ്ക്കാണോ ഈ പോപ്പിനാണോ അതിന് പോപ്പിനെ പറയാൻ തേടിയില്ല ഉള്ള കാര്യം പറയും ആകാശത്തിലുള്ള ആത്മീയത കൊണ്ട് സ്വന്തം സ്ഥാനം സേവിക്കാൻ വയ്യാകുന്നുണ്ടപ്പോൾ അതിന്റെ സ്ഥാനം റിസൈൻ ചെയ്താലാണ് ഇത് പറഞ്ഞ് എനിക്ക് എന്നെ കൊണ്ട് എനിക്ക് പറ്റത്തില്ല അദ്ദേഹം റിസൈൻ ചെയ്ത് പോയിട്ടാണ് ടൈമോ വാർക്കാമത്വ റിസീൻ ചെയ്ത പക്ഷെ റിസൈൻ ചെയ്തില്ലെങ്കിലും ജനങ്ങൾ നിലവിളിക്കുന്നത് അദ്ദേഹം തന്നെ വേണം അതുകൊണ്ട് അതാണ് ക്യാർ ഇങ്ങനെയൊക്കെയാണ് എന്താണ് വലിയ രാഷ്ട്ര നേതാക്കന്മാരും ചെയ്യുന്നത് അവിടെ എന്താണ് നമുക്ക് തൃപ്തി അതാണ് പ്രശ്നം ആത്മീയത അതൃപ്തിയാണ് ആത്മീയത ഒരുപാട് പേര് അവസരത്തിന് വേണ്ടി കാത്തി കഴിവുള്ളവരുണ്ട് അവിടെയാണ് സന്യാസം പ്രായം അതാണ് പഴയ നമ്മുടെ രീതി അതായിരുന്നു വാർദ്ധകൃം വിനോദ രീതി എന്താണോ വാർദ്ധകൃം ചെല്ലുമ്പോൾ എന്ത് ചെയ്യുന്നു രാജാവിന് പിന്നെ യുദ്ധം ചെയ്യാനൊന്നും കിട്ടത്തില്ല രഘുവിന്റെ പരമ്പരയെ കുറിച്ച് പറയുന്നു രഘുവിന്റെ പരമ്പരയിൽ അങ്ങനെ കാളിദാസൻ പറഞ്ഞു വാർദ്ധകൃം ചെല്ലുമ്പോൾ എന്ത് ചെയ്യുന്നു അവർ മുൻവർത്തി കഴിവില്ലാതെ എന്ന് സ്വയം മനസ്സിലാക്കും അല്ലെങ്കിൽ പഴയതുപോലെ ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അവിടെ ക്രമത്തിയാൾക്കാർ അവിടെ അവർ വെറുതെ ഇരിക്കുകയല്ല മുനി വൃത്തി അവർ ജീവിക്കുക ശരിക്കും അവിടെയാണ് സന്യാസം അല്ലാതെ ആരോഗ്യമുള്ള സമയത്ത് സന്യാസം എന്ന് പറഞ്ഞാൽ തൊഴിലില്ലായ്മ വേണമെങ്കിൽ ശരി ഓക്കെ തൊഴിലില്ലാതുകൊണ്ട് പണികൾ തൊഴിലില്ലാത്തതുകൊണ്ട് പണി എടുക്കും അത് സമ്മതിക്കും അണവും അണ്ണങ്ങളും കണ്ടെന്ന് പറയുന്ന വലിയ പ്രശ്നമാണ് അല്ലെങ്കിൽ ഇന്നത്തെ യുവാക്കളുടെ യുവതികളുടെ സന്യാസവും പണിയെടുക്കുന്നതിന് അതുതന്നെയാണ് അതിൽ ആത്മീയത നിലനിർത്തിയാൽ ആത്മീയ കൂട്ടങ്ങളുടെ സമാധാനം ഉണ്ടാവും എന്തെങ്കിലും ഉണ്ടാവും ഇത്ര അല്ല ആർക്കോട് സമാധാനം കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല വാസിഷ്ഠത്തിലും ഏകദേശം ഈ ഒരു നിലപാട് എന്ന് പറയുന്നത് രാമനോട് പറയുന്നത് പണിയെടുക്കാനാണ് നമുക്ക് കൂടെ ജോലികളുണ്ടെങ്കിൽ ജോലി ചെയ്യുന്നു ആത്മീയബോധത്തിൽ ജോലി ചെയ്യുക എന്നുള്ള ഉപദേശം കൂടെ കൊടുക്കത്തിൽ എന്താണ് രാമൻ എന്ന് പറയുമ്പോൾ കേവലം കഥാപാത്രമായിട്ട് മനസ്സിലാക്കണം അല്ല ഒരു വ്യക്തിയായിട്ട് മനസ്സിലാക്കുക ഈ കഥയിലൊരു കഥാപാത്രം അവിടെ സാധാരണ നമ്മൾ പറയാറുണ്ട് അകാല മരണം അകാല മരണം എന്ന് പറഞ്ഞാൽ എന്താണ് കാലമെത്തുന്ന മുമ്പേ മരിച്ചു പോകുക അതുപോലെയാണ് കാലത്തിൽ കർമ്മങ്ങൾ ഉപേക്ഷിപ്പിക്കുകയോ കർമ്മം ചെയ്യാതിരിക്കുകയോ അത് അകാല മരണം പറയൂ അത് അർഹം ഗുണം ചെയ്തില്ല ഇത് എന്റെ അഭിപ്രായമുണ്ടോ വാസിഷ്ടത്തിന്റെ അഭിപ്രായം അതുകൊണ്ട് നമുക്കൊരു തൊഴിൽ ചെയ്യാനുള്ള യോഗ്യതയുണ്ട് തൊഴിൽ ചെയ്യാനുള്ള അവസരമുണ്ടെങ്കിൽ തൊഴിൽ ചെയ്ത് ജീവിക്കുക മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുകയുള്ള തന്റെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള തൊഴിലും അവിടെ ഇതെന്താ ഈ തൊഴിലില്ലായ്മയുള്ള കാലത്ത് തൊഴിൽ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നതെന്ന് ഞാൻ എനിക്കത് കാരണം തൊഴിലുപേക്ഷിക്കുന്നതാണ് സന്യാസമെന്ന് ഒരു മിഥ്യാധാരണ നമ്മുടെ ഇടയിൽ വന്നിട്ടുണ്ട് അത് ശരിയില്ലെന്നാണ് ഞാൻ പറയും തൊഴിലുപേക്ഷിക്കുന്ന സന്യാസമുണ്ട് ഇന്നത്തെ കാലത്ത് പണ്ട് ഇതിനെ വെറുതായി പ്രോത്സാഹിപ്പിച്ചില്ല അതിന് തെരഞ്ഞുള്ളിൽ ഇവിടെ രാമനോട് പറയും അപ്പൊ ഹേത ഹേയ ഉപാധേയതാശൂന്യം എന്ന് പറഞ്ഞൊരു മനോഭാവമാണ് തൊഴിലിനോടുള്ള മനോഭാവം ആ മനോഭാവം ഒക്കെയാണ് ആണെങ്കിൽ അത് ആത്യന്തികമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ആ നിസ്സംഗ ഭാവം കർമ്മം ചെയ്യുമ്പോൾ കർമ്മം ചെയ്യാതിരിക്കുമ്പോൾ ഒരേ സമയം ഉണ്ടാവും നിസ്സംഗമായ മനസ്സിൻ്റെ അലിപ്ത അപ്പൊ മനസ്സിൽ എന്താണ് ശാന്തമായിരിക്കുക തുടർന്ന് നിരന്തരം അതെന്ന് പറഞ്ഞുകൊണ്ടേ അതാണ് ആദ്യം പറഞ്ഞു എന്താണ് സർവീവ എല്ലാം ചെയ്യുന്നുണ്ട് ആന്തരികമായ എന്താണ് എന്നാൽ പൂവന്തി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ഭാവം അങ്ങനെ ഒരു ഭാവം വരത്തോ അതാണ് വാശിഷ്ടം പറയുന്നത് അയാമിച്ചി പ്രയാമിച്ചി വളരെ മനോഭാവത്തെ കുറിച്ച് പറയുന്നത് ബാഹ്യമായ പ്രവൃത്തികളെ കുറിച്ചല്ല ബാഹ്യമായ പ്രവൃത്തി സന്ദർഭോചിതമായി ചെല്ലും ആരോഗ്യങ്ങളിൽ പ്രവർത്തിക്കുന്നു അതില്ലാതെ ഒന്ന് പ്രവർത്തിക്കാതിരിക്കും രോഗം ബാധിച്ചില്ലാതെ പ്രവർത്തിക്കാതിട്ടുണ്ട് കഴിയത്തില്ല ആരോഗ്യങ്ങളൊക്കെ പ്രവർത്തിക്കുക ആരോഗ്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുക സാഹചര്യങ്ങളൊക്കെ പ്രവർത്തിക്കുക അങ്ങനെ പ്രവർത്തിക്കുമ്പോഴും മുമ്പോട്ട് ചെയ്യുന്നതും പറയും അവന്റെ മനസ്സിൽ ശമം ഉണ്ടായി ശമത്തോടുകൂടി പ്രവർത്തിക്കുക ശമെന്ന് പറഞ്ഞാൽ എന്താ എന്താണ് ശമ ഉപസമയം ശാന്തി ശാന്തിയോടുകൂടി പ്രവർത്തിക്കാൻ കഴിയും എന്നാ കൂടെ പറയും ആ ശാന്തിയാണ് ആത്മീയത നമ്മൾ പ്രവർത്തിക്കുന്നത് പരാതി പറഞ്ഞുകൊണ്ടാണ് നമ്മളെ പ്രവർത്തിക്കുകയെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ തൃപ്തരല്ല നമ്മളെ ചുറ്റുപാട് കൂടിയിരിക്കുന്നവരും നമ്മൾ തൃപ്തരല്ല പലതിനും നമ്മൾ അതൃപ്തരാണ് അതിന് ഉണ്ടാവാം ചെറുപ്പം നമ്മുടെ പ്രവൃത്തിയിൽ തന്നെ പോരായി ഞാൻ പറയും ചിലപ്പോൾ നമ്മുടെ ചുറ്റുപാടും കൂടിയിരിക്കുന്നവരുടെ പ്രശ്നങ്ങളായിരിക്കാം അത് നമ്മളായും ഉണ്ടായിരിക്കും അപ്പോൾ ചിലപ്പോൾ പ്രവൃത്തി നമ്മുടെ തിരഞ്ഞെടുപ്പായിരിക്കില്ല നമ്മുടെ തലയിൽ വന്ന് പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം പക്ഷെ എന്തായാലും ശരി ജീവിതത്തിൽ നേടിയെടുക്കേണ്ടത് എന്താണ് ശ്രമം പറയുന്നത് ശാന്തമായി ചിന്തിക്കാനും ശാന്തമായി പ്രവർത്തിക്കാനും ആധ്യന്മികമായി ശാന്തമായി ജീവിക്കുക എന്ന് പറഞ്ഞിട്ട് ഇവിടെയും പറയുന്നത് എല്ലാം ചേർത്തുകൾ അയാഗി വരുന്നു എന്ന ആകാന്തി വരുന്നില്ല പ്രയാാന്തി പോകുന്നു എന്നാൽ യാഗം പോകുന്നില്ല ഈ വരിക പോകാൻ മറ്റൊരാൾക്ക് തെളിക്കാനല്ല ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ വരുന്നു ഒരുപാട് കാര്യങ്ങൾ പോകുന്നു അവർ നല്ലതും കരുതി ചീക്ക് രണ്ട് സംഭവത്തിൽ നല്ലത് മാത്രം നമുക്ക് ഈ പ്രപഞ്ചത്തിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ പറ്റില്ല നല്ലതിനോടൊപ്പം ചീക്ക് ഇതെല്ലാം വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്താണ് കുറവൻ കവി എന്ന കുറുവ ചിലവർക്കതുങ്ങോട്ട് ചെയ്യേണ്ടി വരും ചിലതങ്ങോട്ട് ഒഴിവാക്കേണ്ടി വരും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഒഴിവാക്കേണ്ട കാര്യങ്ങളുമുണ്ടല്ലോ കാരണം കുർബന്ധ്യമി നുർബന്തി വതന്തി വതന്തിന് ചിലത് പറയുന്നു ചിലത് പറയാൻ പറ്റുന്നില്ല ഭയം കൊണ്ട് പറയാതിരിക്കും പറയാനുള്ള അവസരം ഇല്ലാത്തതെന്ന് പറയാതിരിക്കും ലജ്ജ കൊണ്ട് പറയാതിരിക്കും ഇപ്പോൾ ജീവിതത്തിലെ ചിന്തകൾ കർമ്മങ്ങൾ വാക്കുകൾ എല്ലാ പ്രവർത്തികളും സമ്മിശ്രമാണ് ഗുണദോഷം സമ്മിശ്രമാണ് അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ലോകത്തോട് ചേരുക ഇങ്ങനെന്താണോ ഇതിലൊന്നും പക്ഷം പഠിക്കാതെ സ്വാസ്ഥനിശ്ചിതാക തന്നെ ശാന്തിയോടുകൂടി മണ്ണിൽ സ്ഥിതി സമാധാനമായി ചേർക്കുക അതെങ്ങനെ സാധിക്കും അതിനുള്ള വിചാരം അതിനുള്ള മാനസികമായ ഉപായങ്ങളാണ് ബാഹ്യമായ ഒന്നുമില്ല ബാഹ്യമായ എന്താണോ ചിലപ്പോ നമുക്ക് ഇഷ്ടമുണ്ടാക്കുക ചെയ്യേണ്ടി വരും അപ്പൊ ചിലപ്പോ ചെയ്യേണ്ടി വന്നിരിക്കും ചിലപ്പോൾ ഇഷ്ടമുള്ള ചെയ്യാൻ പറ്റിയില്ലെന്നും വരും സാഹചര്യങ്ങളാണ് മനുഷ്യൻ അങ്ങനെ കൊണ്ട് ചെയ്യിക്കുന്നതും ചെയ്യിക്കാതിരിക്കുന്നു ചെയ്യിപ്പിക്കാതിരിക്കുന്നു സാഹചര്യങ്ങൾ അപ്പൊ അതിനെ കുറ്റം പറഞ്ഞിട്ടും പഴി പറഞ്ഞിട്ടും ശപിച്ചിട്ടും വരാതെ പറഞ്ഞിട്ടും ഒന്നും യാതൊരു കാര്യം കഴിയുന്നത്തെ ഒരു മനുഷ്യൻ അവന്റെ കഴിയുന്നത്ര അവന്റെ കഴിവിനനുസരിച്ച് മെരുക്കാൻ ശ്രമിക്കും തന്റെ സ്വാധീനത്തിൽ തന്റെ നിയന്ത്രണത്തിൽ നിർത്താൻ ശ്രമിക്കാറുണ്ട് ചിലർക്ക് അതിന് കുറെ എന്ന് പറഞ്ഞാൽ ഉള്ളൂ തന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക നല്ല അർത്ഥത്തിലാണ് മോശാർത്ഥത്തിൽ എന്റെ ആഗ്രഹമനുസരിച്ച് ജീവിക്കുകയോ അതെല്ലാവർക്കും കഴിയും തോന്നിയതുപോലെ ജീവിക്കാമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നു തന്റെ ആഗ്രഹം അനുസരിച്ച് നല്ല രീതിയിൽ ജീവിക്കാൻ എല്ലാവർക്കും കഴിയും തന്റെ ആഗ്രഹം അനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയും അങ്ങനെയൊക്കെയാണെങ്കിലും അതിൻ്റെ ജീവിതത്തിന്റെ ഭാഗമാണ് എല്ലാത്തിലും ചേർത്താണ് ഇവിടെ പറയുന്നത് ഉണയതാണോ സ്വാതനിസ്റ്റിത അവിടെ താൻ തന്നിൽ തന്നെ നിൽക്കുക തന്നിൽ നിന്ന് വ്യതിചരിക്കുക അപ്പൊ തന്നിൽ നിന്ന് വ്യതിചരിക്കുക എന്ന് പറഞ്ഞാൽ തന്റെ മനസ്സിന്റെ സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തുക നഷ്ടപ്പെടുത്തുന്നതല്ല നഷ്ടപ്പെട്ടു പോകുന്നതാണെന്ന് ആകെ സൂക്ഷിക്കണമെന്ന് പറയുന്നത് നഷ്ടപ്പെടുത്തണ്ട നഷ്ടപ്പെടുത്താരും ആഗ്രഹിക്കുന്നില്ല പക്ഷെ നഷ്ടപ്പെട്ടു പോകുന്നു അവിടെയാണ് ഗാന്ധിയെ വിജയിക്കുന്നത് അത് സൂക്ഷിക്കുക അപ്പോ ശാന്തി എന്നൊക്കെ പറയുന്നത് എന്താണ് നമ്മുടെ ഉള്ളിലിരിക്കുക ശാന്തി സമാധാനം എന്നൊക്കെ പറയുന്ന ആരെ സംബന്ധിച്ച അത് കാറ്റത്തിരിക്കുന്ന ഒരു വിളക്ക് പോലെ ദീപനാളം പോലെ അത് ഏത് സമയം കെട്ടുപോകാം അല്ലാതെ ഏത് കാറ്റിനെയും ചെറുക്കുന്ന ദീപനാളങ്ങളൊന്നും അത് ഏത് സമയത്ത് കെട്ടുപോകാം എന്നാലും എന്ത് ചെയ്യുന്നു എപ്പോഴും പൊതിഞ്ഞു പിടിച്ച് രക്ഷിക്കാൻ ലൈഫ് ഇൻഷുറൻസിന്റെ ഇത് ദീപനാളത്തെ രണ്ട് കൈകൊണ്ടെങ്കിലും പൊതിഞ്ഞു പിടിച്ചു ഞാനത് കണ്ടിട്ട് പലപ്പോൾ എനിക്ക് ഇൻഷുറൻസ് ഒന്നുമില്ല കേട്ടോ എല്ലാ ഞാൻ ചെന്നത്തുകൂടി ചിന്തിക്കുന്നുണ്ട് ജീവിതം ഇതുപോലെയാണ് അതും അതാണ് ഉദ്ദേശിക്കുന്നത് നല്ല ആശയമുള്ള ഒരാളാണ് അത് വിശേഷിക്കുന്നത് ജീവിതം അതുപോലെയാണ് ജീവിതം എന്ന് വെച്ചാൽ നമ്മുടെ ആന്തരികമായി ഇവിടെ പറയുന്ന ഈ സമ്പത്വം നിസ്സംഗത ഒരു മനുഷ്യനെ ഏത് സമയവും പൊതിഞ്ഞു പിടിച്ച് സൂക്ഷിക്കേണ്ടതാണ് മനുഷ്യന്റെ യത്നം പരിശ്രമങ്ങളും അതിനുവേണ്ടിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്താണ് ലോകത്ത് വിശുദ്ധരില്ല ഉണ്ടെങ്കിൽ ആരാണ് ആരാണ് വിശുദ്ധിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ അത്രയോ കാരണം വിശുദ്ധി എന്ന് പറയുന്നത് എവിടെയാ സംഭവിക്കേണ്ടത് നമ്മുടെ മനസ്സിലാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഏതാണോ ലൈഫ് ഇൻഷുറൻസിലെ വിളക്ക് പോലെയാണ് അത് ഏത് സമയം പൊതിഞ്ഞ് പിടിക്കേണ്ട ഒരു സാധനം അല്ലെങ്കിൽ അത് കെട്ടും അതണഞ്ഞുപോകുന്ന എല്ലാവരുടെയും അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് എല്ലാവരും അത് തുറന്ന് സമ്മതിക്കുന്നില്ല എല്ലാവരും സ്വയം പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണോ താണിയ ഗമനാണോ എന്ന് പറയാനാണ് എല്ലാവരും ആഗ്രഹിക്കും അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധന്മാരെയൊക്കെ സൃഷ്ടിക്കുന്നത് സാധിക്കുന്ന കാര്യമില്ല നമുക്കതിനുവേണ്ടി ശ്രമിക്കാം ഇവിടെ ഇനി പറയും ഇപ്പോൾ എന്താണ് എങ്ങനെ ശ്രമിക്കണം ഏതുവരെ ശ്രമിക്കണം ശ്രമത്തെക്കുറിച്ച് പറയും നിതാന്ത ജാഗ്രതയില്ല ഓഴ് ഉണർന്നതിനെ വിശ്രമിക്കണം ഏതുവരെ യാവജ്ജീവം എന്ന് പറഞ്ഞാൽ ചാകന്തപോര ചാകന്തപോര മനുഷ്യന് ശ്രമിക്കാനേ പറ്റുള്ളൂ ആ ശ്രമത്തിനിടയ്ക്കുള്ള വിശ്രമത്തെയാണ് നമ്മൾ പറയുന്നത് ശ്രാന്തി ശാന്തി പറയുന്നത് ശ്രമത്തിനിടയ്ക്കുള്ള ഒരു ശ്രമം അല്ലാതെ ശ്രമം എല്ലാം അവസാനിപ്പിച്ചിട്ട് വിശുദ്ധനായി ഇങ്ങനെ ഇരിക്കുന്ന അത് വെറുതെ ആൾക്കാരെ പറ്റിക്കാൻ പറയുന്നത് അല്ലെങ്കിൽ എന്ത് ചെയ്യണം മനുഷ്യനും വേറൊരു മനസ്സ് ഇന്നുള്ള മനസ്സല്ല മറ്റൊരു മനസ്സുണ്ടാവും ഇനി മറ്റൊരു മനസ്സ് വേണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ഇന്നത്തെ നമ്മുടെ ബ്രെയിൻ മാറ്റിവെക്കുന്ന വേറൊരു ബ്രെയിനെ ഇതുവരെ മനുഷ്യൻ കണ്ടെത്താത്തത് അങ്ങനെയാണെങ്കിൽ അത് കണ്ടത് പക്ഷേ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ഇനി പരിണാമത്തിൽ സംഭവിക്കും ഇവിടെ തന്നെ സംഭവിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് സമാധാനം എന്ന് പറയുന്നത് സമാധാനം ഇല്ല എന്ന് പറയുന്ന പറഞ്ഞ് ആരും പരാതി പറയേണ്ട കാര്യമുണ്ട് കാരണം സമാധാനം സമാധാനിരായ്മ ഈ ദ്വന്വങ്ങളിൽ രണ്ടും യാഥാർത്ഥ്യങ്ങളാണ് ആരോഗ്യം എന്ന് പറയുന്ന പോലെ ഒരു യാഥാർത്ഥ്യമാണ് രോഗം പിന്നെ ഇതിന്റെ ഏറ്റക്കുറച്ചിലാണ് നമ്മൾ കിടന്ന് മത്സരിക്കുന്നത് ഒന്നിന്റെ നീളം കൂട്ടാനും മറ്റതിന്റെ നീളം കുറയ്ക്കാനൊക്കെ മത്സരിക്കും അതിന് നമുക്കിഷ്ടമുള്ളതിന്റെ നീളം കൂട്ടിയെടുക്കുന്നതാണ് നമ്മളറിയുന്നത് നമുക്കിഷ്ടമില്ലാത്തതിൻ്റെ നീളം കുറച്ച് കൊണ്ടുവരുന്നതാണ് നമ്മുടെ വിജയം അത്രയുള്ളൂ ഇവിടെ പറയുന്ന നിലപാടിതാണ് എന്താണ് ഹേ ഗേജന സമാലോഹാസ് ഉപാദേദ ക്ഷീണി അധിക ദേവത ഈ പദത്തെ അധികതം പ്രാപിച്ചു കഴിഞ്ഞാൽ ഇവിടെ പറയുന്ന ഒരു മാനസിക നിലയെ പ്രാപിച്ചത് അങ്ങനെ ഒരു മാനസിക നിലയെ പ്രാപിച്ചു കഴിഞ്ഞാൽ ഈ മാനസിക നിലയെ പ്രാപിച്ചതും എന്ന് കഴിഞ്ഞാൽ എന്താണ് ജനറേഷനൊക്കെ പറഞ്ഞ പിന്നെ ഞാൻ അവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നമുക്ക് തോന്നും എന്താണോ സദാസമയം സർക്കാർ പ്രത്യേകിച്ച് എയ്റ്റി കിലോമീറ്റർ പെർ അവർ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു പറ്റത്തില്ല ഒരിക്കലും നമുക്ക് പറ്റത്തില്ല എന്തുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഹമ്പുകൾ കാണും പമ്പുകൾ കാണും ട്രെയിനിങ്ങുകൾ കാണും ട്രാഫിക് സിഗ്നന്റുകൾ കാണും അപ്പം നമുക്ക് എപ്പോഴിങ്ങനെ ഞാൻ ചിലപ്പോൾ വിചാരിച്ചത് ഇങ്ങനെ എയ്റ്റി കിലോമീറ്റർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്ത് സുഖമായിരുന്നു വിചാരിച്ചിരിക്കും വേണം കാണാം മുമ്പിൻ്റെ ഒരു സൈഡിൻ്റെ ഒരു പോളതാണ് സ്പീഡ് ലിമിറ്റ് ക്യാമറ ഒരു ഇതാണ് നമ്മളെന്തൊക്കെ തോന്നുന്നത് നമ്മുടെ മാനസിക സ്ഥിതി എന്ന് പറയുന്നത് നമുക്കങ്ങനെ എപ്പോഴും ശാന്തി വിശുദ്ധനായി അങ്ങനെ ആർക്ക് സാധിക്കുന്നവര് പിന്നെ ചെറുത് പറയും അങ്ങനെയൊക്കെ പറയുന്ന അവരുടെ ആഗ്രഹമുണ്ട് പ്രതീക്ഷിച്ചു ഇതിങ്ങനെ എന്താണോ ഗിയർ മാറ്റി ചെയ്ത് പോകത്തോളൂ ഗിയർ ആട്ടോമാറ്റിക്കായി പേരയും കുറഞ്ഞെയ്ത് പോകത്തുള്ളൂ അത് നമ്മൾ അത് അംഗീകരിക്കണം ഒരേ സ്റ്റേഡിയത്തിൽ പിന്നെ നമുക്ക് ചെയ്യാന്നുള്ള എന്താണോ ഇപ്പൊ നിതിൻ റോഡുകളൊക്കെ കുറച്ച് നന്നാണ് കഴിവുകളൊക്കെ ഉണ്ടാകും അതൊക്കെ ഒന്ന് കഴിയുമ്പോൾ എന്ന് വരും കുറെ പേരും ഒക്കെ പോകാൻ പറ്റും ഒരുപാട് മാറ്റങ്ങളുണ്ടാവും നമ്മുടെ ഹൈവേ എന്ന് പറയുന്ന നമ്മുടെ മനസ്സിലായി അതിനെ നമ്മൾ എന്തു ചെയ്യണം കുറെ മാറ്റവും അതിന് കുറെ പരിഷ്കാരങ്ങളൊക്കെ വരും അതിന്റെ നിളവും വീതി ഒക്കെ കൂട്ടും അപ്പൊ കുറെ വളവുകളൊക്കെ മാറ്റും നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ വളവാ എന്തിന്റെ വിളവ് നമ്മുടെ മനസ്സിന്റെ വളവ് അതാണ് ഈ സർവ്വബുദ്ധിത്തിനിപ്പോണ്ടാവുന്നത് മനുഷ്യന്റെ സ്വസ്ഥത മുഴുവൻ കളയുന്നത് നമ്മൾ തന്നെയാണ് അപ്പൊ ഒന്ന് നിവർത്തെടുത്ത് എന്താണ് നമ്മളെല്ലാം നിതിൻ ഗഡ്കരിയുടെ ശേഷ്യന്മാരോ എന്തിനെ നമ്മുടെ മനസിന്റെ വളവുകൾ നിവർത്ത് ഇതൊക്കെ ഒരു ഹൈവേ ആക്കി ഓടിക്കൊണ്ടിരുന്ന് കുറെ ദൂരമൊക്കെ പോകാൻ പറ്റും ശാന്തമായി ശാന്തസങ്കൽപ സുമന യഥാസ് വൻഷത്തിൽ പിറയിൽ ഭീതരാകൻ എന്നൊക്കെ പറയുന്ന അതാണ് മനസ്സിന്റെ ആ വളവുകളൊക്കെ നുകർത്തി അങ്ങനെ വന്നു അങ്ങനെ ശാന്തമാവുന്നതിനെ കുറിച്ചാണ് പറയുന്നത് അങ്ങനെ വന്നുകഴിഞ്ഞാൽ ഏ സമാനം അതിന്റെ എന്തെല്ലാം കർമ്മങ്ങളുണ്ടോ എന്തെല്ലാം പ്രവൃത്തികളുണ്ടോ എന്തല്ലോ ഏത് പ്രവൃത്തിയായിട്ടും സ്ഥ എന്തെണ്ണ വികാരങ്ങൾക്ക് വിചാരങ്ങൾ ചിന്തകൾ അന്ദേ പദേഹേയ ഹേയത്താലും ഉപാദേയത്താൽ തസ് പ്രത്യാഗം ഹേയ ഉപാദേയത ഹേയവും ഉപാധേയവും ജീവിതത്തിൽ നിരന്തരം പുലർത്തിണ്ടാവും ഇത് രണ്ടും കൊണ്ടാണെന്ന് പറയുന്നത് ക്ഷിയ ക്ഷയിക്കുന്നത് അവന്റെ കർമ്മങ്ങളും ചെയ്യിക്കുന്നത് അവന്റെ എല്ലാ വികാരങ്ങളും ചെയ്യിക്കുന്നത് നിരന്തരമുള്ള അവന്റെ ഹേ എന്ന് വെച്ചാൽ ത്യജിക്കുക ഉപാധയെച്ച സ്വീകരിക്കുക ഏത് സമയം അവൻ തിരിച്ചറിയണം ഇന്നത് ത്യജിക്കേണ്ടതാണ് എന്നൊന്ന് ത്യജിച്ചുകൊണ്ടേ അതേസമയം തന്നെയാണ് ഏത് സമയം അവൻ തിരിച്ചറിയും തിരിച്ചറിയണം ഇന്നത് സ്വീകരിക്കേണ്ടതാണ് അപ്പൊ സന്യാസം എന്ന് പറയുന്നത് കേവലം ത്യാഗം മാത്രമാണ് ഉപേക്ഷിക്കുന്നോ ഉപാധയം പ്രചാരുന്നാലേ സന്യാസം സന്യാസൻ എന്നിവിടെ ഞാൻ ഇവിടെ പറയുന്നത് ട്രഡീഷണൽ സന്യാസത്തെയല്ല നമ്മുടെ ജീവിതം നമ്മുടെ വൃത്തിയാണ് ജീവിതത്തെക്കുറിച്ചാണ് അവിടെ ഏത് സമയവും അവൻ ചെയ്യണം ഹേയ ഉപാധേയത കൊണ്ടാണ് അവൻ്റെ അപ്പോൾ സ്വീകരിക്കേണ്ടതിനൊക്കെ സത്യം ഉപേക്ഷിക്കേണ്ടതിനൊക്കെ ഉപേക്ഷിക്കും അതാണ് ഇവിടെ പഠിക്കുന്നത് ഇനി രണ്ടും നിരന്തരം സ്വീകരിച്ചുകൊണ്ട് നമുക്കറിയാം ഇത്രയും പറഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്താണ് ഉപേക്ഷിക്കേണ്ടത് എന്താണ് ഉപേക്ഷിക്കേണ്ടത് വേണ്ടാതെ നമ്മൾ എല്ലാം ഉപേക്ഷിക്കുന്നത് എന്താണോ ഉപാധേയം സ്വീകരിക്കേണ്ടത് നന്മയെ വളരെ സ്പഷ്ടപ്പെട്ടു ഈ പറയുന്ന മാനസികമായ സുസ്ഥിരത സഹായിക്കുന്നത് എന്തോ അത് ഈ രണ്ട് പ്രവർത്തിയിലൂടെയാണോ എന്താണ് ഹേതുത്തിലൂടെയും ഉപാധിയായത്തിലൂടെയാണോ അപ്പോൾ തിരിക്കേണ്ടതൊക്കെ തെറ്റിച്ചുകൊണ്ട് എനിക്ക് സ്വീകരിക്കേണ്ടതെല്ലാം സ്വീകരിച്ചിരിക്കണം ഇക്കാര്യം വീണ്ടും ഇങ്ങോട്ടേക്ക് ആശ്വസിക്കണം അല്ലാതെ എന്താണ് സന്യാസം കൂടി ഞാൻ കേവലത്തെയാകും എന്തിനായി ഉപേക്ഷിക്കാം എന്നുള്ള പണി ചെയ്യാതി അവിടെ ഇവിടെയൊക്കെ വായിനോക്കി അടക്കുക ഇതൊന്നുമല്ല പിന്നെ ബാക്കിയുള്ളതെല്ലാം ആന്തരികമായി സംഭവിക്കേണ്ട കാര്യമാണ് കർമ്മങ്ങൾ ബാഹ്യമായി ഉപേക്ഷിക്കേണ്ടതല്ല അവൻ്റെ എല്ലാം ത്യാഗ സംഭവങ്ങളും ഉള്ളി സംഭവിക്കും എപ്പോ കർമ്മം ചെയ്യാനുള്ള സന്നദ്ധത മനുഷ്യനുള്ളപ്പോൾ അങ്ങനാരോഗ്യമുള്ളപ്പോൾ അതിനുള്ള അവസരമുള്ളപ്പോൾ അത് കർത്തവ്യമായി അതെല്ലാം ഒത്തു ചെയ്തു തന്നെ തീർന്നു അവിടെ കർമ്മത്തെ ഉപേക്ഷിക്കാൻ വരുന്ന ഒരു പ്രശ്നമേ അല്ലെങ്കിൽ തന്നെ ഒരേ ഒരു അവസരം കാണും വാർദ്ധകൃം അവിടെ പിന്നെ വേറെ ഒഴിയുന്നുണ്ട് അങ്ങനെ കർമ്മത്തെ ഉപേക്ഷിക്കും അത് കർമ്മ സന്യാസിയെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതാണ് ആര് നേരത്തെ പറഞ്ഞ രത്തൻ കർമ്മ സന്യാസിയെ കുറിച്ച് ഓർമ്മയുമ്പോൾ നമ്മൾ മറന്നു കളയേണ്ടതാണ് ആര് പോപ്പും രണ്ടു ഇപ്പോൾ ഈ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കണമെന്ന് പറയുന്നതുകൊണ്ടാണ് എനിക്കാരോടും പ്രത്യേകിച്ച് വിദ്വേഷമോ സ്നേഹമോ ഒന്നും കൊണ്ട് പറയുന്നില്ല ഇതൊക്കെയാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത് ഇതൊക്കെ കണ്ടാണ് നമ്മൾ പഠിക്കേണ്ടത് പുസ്തകത്തിൽ നിന്ന് പഠിക്കുന്നതിൽ നിന്ന് കൂടുതൽ നമ്മുടെ ചുറ്റുപാടുകൾ ലോകത്തിൽ നിന്ന് പഠിക്കാനുണ്ട് അതുകൊണ്ട് അതിനോട് ബന്ധപ്പെടുത്തി ഞാൻ ഞാൻ ഏതെങ്കിലും മതത്തിന്റെ ആരാധകനോ ഏതെങ്കിലും മതത്തിന്റെ വിദ്വേഷ്യോ ഒന്നുമല്ല അങ്ങനെയൊന്നും എനിക്ക് യാതൊരു അജണ്ടകളും അതിന്റെ പേരിലൊന്നും പറയുന്നില്ല മനുഷ്യ ജീവിതത്തിൽ നമ്മൾ കണ്ടുപഠിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വിരമിക്കേണ്ട സമയമാകുമ്പോ എന്തെങ്കിലും റിട്ടയർമെന്റിന്റെ സമയമാകുമ്പോൾ എന്തെങ്കിലും എന്തിനാണ് എങ്ങനെയാണ് റിട്ടയർമെന്റ് സർക്കാർ എന്നോട് മുമ്പിൽ ഇരിക്കുന്ന ഒരു വലിയ ഡിമാൻഡാണ് റിട്ടയർമെന്റ് പ്രായം കൂട്ടു പോകുന്നു സർക്കാർ കൂട്ടുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ലോകത്തിലേക്ക് സർക്കാരിനോട് ആവശ്യപ്പെടുകയാണോ റിട്ടയർമെന്റും പ്രായം അതുകൊണ്ട് സർക്കാരിന് ഒരുപാട് പെരുമയുണ്ടെന്ന് ചോദിച്ചാൽ ഈ ആനുകൂല്യങ്ങൾ അങ്ങ് കൊടുക്കണ്ട വലിയ ട്രഷറി കണ്ടെത്തേണ്ട കാര്യമില്ല പിന്മയ്ക്കുള്ള ആനുകൂല്യങ്ങളുണ്ടോ സർക്കാരിന് തൽക്കാലം പ്രയോജനം ചെയ്യുന്നു പക്ഷെ തയ്യാറാവും പിന്നെ എന്തുകൊണ്ടത് ലോകകാര്യങ്ങൾ എന്തൊക്കെ അറിയില്ല ഭഗവത്ഗീത അറിയേണ്ട പോട്ട് വാസൃഷ്ടം അറിയേണ്ട പോട്ട് സഹായിക്കാൻ എണ്ണം പുളഞ്ഞിട്ടുണ്ട് പോവുക ഒരുപാട് പേര് തൊഴിലില്ലാതെ തൊഴിലില്ലാത്ത തൊഴിൽ ഒരവസരമില്ലാത്ത സർക്കാർ സർവീസിൽ കയറുന്നതിന്റെ പ്രായം എനിക്കുണ്ട് അവന്റെ അറ്റത്തു പോയി നിൽക്കുന്നവരുണ്ട് അവർക്കൊരു തൊഴിലിനുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത് ഈ വർഷമായിരിക്കും മറ്റവരുടെ രണ്ടു വർഷം മുമ്പിലോട്ട് നീട്ടി വെച്ചാൽ ഇവൻ തൊഴിലില്ലാതെ അവന്റെ ജീവിതകാലത്ത് ആയിരിക്കും തൊഴിൽ വരാതി റിട്ടയർമെന്റ് എന്ന് പറയുന്നത് വേണ്ടിയിട്ടാണ് മറ്റുള്ളവർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റില്ല ആറ്റ ഒരുപാട് പേര് അവസരം നോക്കി അവിടെയാണ് സന്യാസം അതാണ് ശരിക്കുള്ള സന്യാസം അല്ലാതെ അതിനു മുമ്പ് സന്യാസം എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളെ കണ്ടെത്തി എല്ലാവരും അത് പ്രായപരിഹാരത്തിനാണ് എത്ര വർഷം കഴിഞ്ഞു എന്നിട്ട് നേതാക്കന്മാർ പറയാറില്ല എനിക്ക് ബാധമല്ല ബാക്കിയുള്ളവരെല്ലാം കണ്ടു ഞാൻ കൂട്ടറിയില്ല ഇതിന് കൈവരിക്കാൻ നടക്കുന്ന മന്ദബുദ്ധികളെയാണ് അവരെന്താ വിളിക്കുന്നത് അനുയായി അനുയായി അങ്ങനെയുള്ളവരുണ്ടായാല് ഇതൊക്കെ ജനാധിപത്യ പത്രം ഈ സംവിധാനങ്ങളൊക്കെ ജനാധിപത്യം എല്ലായിടത്തും ഉണ്ട് പകരം കൂടെ പറയുന്നത് എന്താണോ ഹേ ഉപാദേ സ്വീകരിക്കേണ്ട സ്വീകരിക്കുക തിരിക്കേണ്ടി തിരിക്കുക അങ്ങനെ അങ്ങോട്ട് പോകും അങ്ങനെ പോയി എന്ത് ചെയ്യണം എല്ലാം വിശ്വ പക്ഷിയെന്തേ അധികത്തെ ഈ ബോധം ഉണ്ടാകുമ്പോൾ ഇവിടെ എന്ത് പറയുന്നു ഇവിടെ പറയുന്ന ആ ബോധത്തിലെല്ലാം അവസാനിക്കുന്നു എല്ലാം അവസാനിക്കുന്നിടത്താണ് ശാന്തി ശാന്തി ൃത്തിസ്ഥഅ ആത്മന്മാരേതോ ഇവരസിച്ച പരിത്യസമസ്തേഹം പ്രവൃത്തി ഇഹ ചേഷ്ട സർവ പ്രവൃത്തികളെ ഉപേക്ഷിക്കുന്നു ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മൾ അക്ഷരാർത്ഥത്തിൽ എടുക്കരുത് വാസരായു പറയുന്നത് ഉപേക്ഷിക്കലല്ല ഇവിടെ ഉപേക്ഷ മാനസികമായി ഉപേക്ഷ കുറുവ കുറുപന് അതാണ് ചെയ്യുമ്പോഴും ഉപേക്ഷിച്ചിരിക്കുന്നുണ്ട് ചെയ്യാതിരിക്കുമ്പോഴും അങ്ങനെ സർവചേഷ്ടകളെ ഉപേക്ഷിച്ച് മനസ്സെങ്ങനെ ഇരിക്കുന്നു മനവും മധുരവൃത്തി മനസ്സെന്ന് പറയുന്നത് മധുര വൃത്തികളോടുകൂടിയിരിക്കുന്നു മനസ്സെന്ന് പറയുന്നു മധുരം വെച്ച് ആനന്ദമാണ് പഞ്ചസാരയുടെ മധുരമല്ല വൃത്തി എന്ന് പറയുന്ന വിചാരങ്ങൾ മനസ്സെന്ന് പറയുന്നത് എന്താണ് സന്തോഷമുള്ള വിചാരങ്ങളോടുകൂടി അതാണ് മനവും മധുരവൃത്തികൾ സർവത സുഖം അഭ്യയം സർവ സർവവിഭക്തികൾക്ക് അസിയാണ് എല്ലാം നമുക്ക് പറയാം എല്ലാത്തിനും ഇവിടെ ഏതും ഏതവസരത്തിനും ഏത് എന്തുകൊണ്ടോ സുഖം അഭ്യയം മനസ്സന്ധ സുഖത്തെ പ്രാപിക്കണം സുഖമായി എല്ലാവസ്ഥയിലും എല്ലാ കാലത്തും ഏത് പരിസ്ഥിതിയിലും മനസ്സിന്റെ വിചാരം ഇല്ലല്ലാം സന്തോഷത്തോടെ മനസ്സിൽ സന്തോഷമായിരിക്കും ആത്മീയം അല്ലാതെ ദേവനാതി എപ്രാളത്തിലൊക്കെ ജീവിക്കുന്ന മനസ്സിന് സന്തോഷമുണ്ടോ നിങ്ങൾക്ക് ആത്മീയതയുണ്ട് മനസ്സിന് സന്തോഷമില്ല ആത്മീയതയും നിങ്ങൾ സമ്പാദിച്ച വട്ടപൂജ്യം കഴിഞ്ഞ ദിവസം പറഞ്ഞത് സന്തോഷാവാ അനുത്തമ സന്തോഷം സന്തോഷം കൊണ്ട് അതിലും വലിയ സന്തോഷമാണ് സന്തോഷം ഇപ്പോൾ ഇരട്ടിച്ചുകൊണ്ടേ സന്തോഷം അങ്ങനെയുള്ള സന്തോഷത്തെ കുറിച്ചാണ് പറയും മനസ്സിന്റെ അവസ്ഥ അങ്ങനെ ചന്ദ്രത്തിൻ്റെ ദിവസം അതൊരു കവിയുടെ ഭാവനയാണ് നമ്മൾ ഈ ചിലക്കാലത്ത് രാത്രി ആകാശത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചൂടുള്ള സമയത്ത് വിശേഷം ചന്ദ്രന്റെ പ്രകാശങ്ങളൊക്കെ ഒരു കുളർമ്മയുണ്ടാകും അപ്പൊ അതുകൊണ്ട് അവർ വിചാരിച്ചിരിക്കുന്ന എന്താണ് ചന്ദ്രന്റെ ഉള്ളിൽ അമൃതമിരിക്കുന്നതാണ് കവിയുടെ ഭാവനയാണ് അതുകൊണ്ടാണ് സയൻസ് അറിയാത്തതുകൊണ്ട് അന്ന് പണ്ടങ്ങനെ ധരിച്ചിരുന്നത് അപ്പൊ കവിഭാവനയാണ് തെറ്റില്ല കവിഭാവനയ്ക്ക് സയൻസ് വീണു എന്തായാലും അനുഭവം ശരിയാണെങ്കിൽ അങ്ങനെയുള്ള സമയത്ത് ചന്ദ്രൻ നോക്കിക്കഴിഞ്ഞാൽ സന്തോഷം മനസ്സിൽ അറിയാതൊരാഹ്ലാദം പറയുന്നു അപ്പോ അത് ഭൂമിയിൽ നിന്ന് നോക്കും അപ്പൊ കവിയുടെ ഭാവനയാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഇത്രയും സന്തോഷമുണ്ടെങ്കിൽ നമ്മൾ നേരെ അങ്ങ് ചന്ദ്രന് പോയി എന്നാലെന്താ ഈ സർവത എല്ലാ അർത്ഥത്തിലും അവിടെ അമൃതത്തിൽ നമ്മൾ ഇന്ന് ചാടുകയാണ് ഭാവനയാണ് പൂർണ്ണസം അതുപോലെ എന്ന് പറയുന്നത് ചന്ദ്രബിമ്പെ സ്ഥിതം ഇവ ചന്ദ്രബിംബത്തിൽ സ്ഥിതി ചെയ്യുന്നത് പോലെ ആനന്ദത്തെ അനുഭവിക്കുന്നു ഇവ പറയുന്നതിന് കുറച്ച് എന്താണ് അർത്ഥവാദങ്ങളുണ്ട് അക്ഷരാർത്ഥത്തിലൊന്നും തുടങ്ങുന്ന ആനന്ദമേ ഒന്നു ദുഃഖമില്ല അങ്ങനെ ഒരു അവസ്ഥയൊന്നും മനുഷ്യനില്ല ഞാൻ മുൻപ് പറഞ്ഞ കാര്യം എന്താണ് എന്താണ് അതൊക്കെ പ്രയോജകവാദികൾ നമുക്ക് മനുഷ്യൻ ഇന്ന് ഏതവസ്ഥയിലാണോ ആ അവസ്ഥയിൽ നിന്നും മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് അവന്റെ മനസ് അവന്റെ മനസ്സിനെ അവൻ ഉയർത്തുന്നതിന് വേണ്ടി ഇങ്ങനെ സ്തുതിച്ചു പറയുകയാണ് അറിയോ ചന്ദ്രനമൃത്തില്ല അവിടെ പരമമ്പോഴാണ് അവിടെ ചെന്ന് വേണ്ടി ഇപ്പൊന്നും അവിടെ ഇല്ല എന്നാലും ഭാവനയില്ല ഇതൊക്കെ കാണാൻ വന്നു അപ്പോ ഇതിൽ കുറെ ഭാവനയുണ്ട് എന്തായാലും ശരി മനസ്സ് മനോ മധുരവൃത്തി മനസ്സ് സന്തോഷമോട് കഴിഞ്ഞിരിക്കുക ആ സന്തോഷം ഒരു മനുഷ്യനെപ്പോഴും അനുഭവിക്കാൻ കഴിയുക ഇതൊക്കെ നല്ല കാര്യമാണ് അതാണ് അടുത്തതെന്ന് പറയുന്നത് നിർമ്മനാരംഭം അഖിലകൗതുകം എല്ലാ പ്രവൃത്തികളും നിശ്ചിന്തയോടുകൂടി അപ്പൊ നിശ്ചിന്തയോടുകൂടി ചിന്തിക്കാതെ പ്രവർത്തിക്കാൻ പറ്റുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം വ്യാകുലതകളില്ലാതെ പ്രവർത്തിക്കുന്നു അതാണ് നിർമ്മലനാരംഭം ആരംഭിച്ച നിർമ്മലൻ മലനം രഹിതമായി അന്ത്യസ അഖിലം കൗതുക കൗതുകം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മനസ്സിന്റെ ആകാംക്ഷകളാണ് കൗതുകം അപ്പോ വ്യസ്തമെന്ന് വെച്ചാൽ ആകാംക്ഷകളോടുകൂടി ഇരിക്കുക കലർന്നിരിക്കുക ആണ് വ്യസ്തം വ്യസ്തം വെച്ചാൽ കലർന്നിരിക്കുക അപ്പോ നിരന്തരം ഉത്കണ്ഠകളോടുകൂടി ആകാംക്ഷകളോടുകൂടി പ്രവർത്തിക്കുന്നതാണ് വ്യസ്തം അവിടെ പറയുന്ന വ്യസ്ത അങ്ങനെയുള്ള ഉത്കണ്ഠകളുടെ കലർപ്പില്ല മനസ്സ് നമ്മുടെ മനസ്സിന്റെ സാധാരണ വികാരങ്ങളെയും എടുത്തു കാണിച്ച് വിശദീകരിക്കണം അത് നമ്മുടെ മനസ്സിലുള്ള കാര്യം തന്നെയാണ് പുസ്തകത്തിൽ ഇന്ന് പഠിച്ചെടുക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെ ഉത്കണ്ഠകൾക്കും പലതരത്തിൽ ഭാവിയെക്കുറിച്ച് ഒക്കെ ഉണ്ടോ ആരോഗ്യത്തെക്കുറിച്ച് കൊണ്ടുണ്ടോ ചുറ്റുപാടുകളെ കുറിച്ച് സ്വന്തം നിലനിൽപ്പിനെ കുറിച്ച് വരെ നാളെ ഇവിടെ കാണാൻ പറ്റും ഉണ്ടെങ്കിൽ നാളെ എന്തായാലും സംഭവിക്കുന്നു ഇന്നത്തെ സുസ്ഥിതി ആയിരിക്കുമോ ഇങ്ങനെയുള്ള ഉത്ഭണ്ഠകൾ മനുഷ്യന്റെ മനസ്സിലുണ്ടാവും അപ്പോ അതില്ലാതെ ഇതാണോ പ്രവൃത്തികൾ വ്യാകുലതകളില്ലാതെ ഇതാണോ സർവത സുഖമാക്കി പൂർവ്വത്തോടെ മനസ്സന്ത് ചെയ്യുന്നു ആത്മനിയമ ആത്മാവിൽ തന്നെ സർവത സുഖം അധ്യാപിക്കുന്നു എല്ലാ തരത്തിലും സുഖം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ നേരത്തെ പറഞ്ഞത് ആത്മനിഷ്ഠ ആത്മബോധം അതുകൊണ്ട് എന്നാ മാതി അതിനവില്ല എന്നാണ് മാങ്ങ മാങ്ങൾ അളവെന്നുള്ള അളവില്ല ആനന്ദത്തെ അവൻ അനുഭവം നിങ്ങൾ പൂർവത്തോട് ചേർന്ന് തന്നെ ഇരിക്കണം എന്ന് മനോമധുരവൃത്തിമ സർവോദസമ അഭ്യേരി അവിടെ കഴിഞ്ഞു അന്തരന്തോയും രസായനം അത് പറയുന്നു അളവില്ലാത്ത ആനന്ദം എന്ന് പറഞ്ഞാൽ എന്താണ് ഇതും പഴയ കവിഭാവനയാണ് എന്താ രസായനം എന്ന് പറയുന്ന അമൃത് അല്ലെങ്കിൽ അങ്ങേറ്റത്തെ ആനന്ദത്തിൽ ഉണ്ടാക്കുന്ന ഒന്ന് എങ്ങനെയാണോ ചന്ദ്ര ചന്ദ്രനരിക്ക ചന്ദ്രനത് നിറഞ്ഞിരിക്കുകയാണ് നിറഞ്ഞു തൊഴുമ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ നിൽക്കുന്ന സന്തോഷം ഇവിടെ നിൽക്കുന്ന നമുക്കൊരു കുളർമേഘത്തിൽ നിന്ന് അതുകൊണ്ടെന്നാണ് കവിയുടെ ഭാവം അപ്പൊ എങ്ങനെയാണോ ചന്ദ്രന്റെ അമൃതം നിറഞ്ഞു തുളുമ്പുന്നത് അല്ലെങ്കിൽ ആനന്ദം നിറ ആനന്ദത്തിന് കാരണമായിരിക്കുന്ന ഒരു സായനം നിറഞ്ഞു തുളുമ്പുന്നത് സദാ മനസ്സിൽ സന്തുഷ്ടമായിരുന്നു ലീലി പറയുന്ന കാര്യത്തിൽ ഇവിടെ കിടച്ച് എന്താണ് ചമത്കാര ഭാഷയും അലങ്കാരങ്ങളും ലീലയിൽ വളരെ സിമ്പിളായി പറയുന്നത് എന്താണ് സന്തുഷ്ട സഗതം യോഗാത്മാനം നിശ്ചയ സന്തുഷ്ടനായിരിക്കുന്നു അത്രയുള്ളൂ ഈ പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ സന്തോഷം നിലനിർത്തുക കഴിയുമെങ്കിൽ എങ്ങനെ വഴി കഴിഞ്ഞിട്ടുള്ള പറഞ്ഞത്